എല്ലാവർക്കും എന്റെ പ്രധാനം നമ്മളിന്ന് സ്ഥിതപ്രജ്ഞ ലക്ഷണം ആണ് ചർച്ച ചെയ്യുന്നത് സ്ഥിതപ്രജ്ഞ സ്ഥിഭവേത് പ്രജ്ഞോ നിരന്തര പ്രപഞ്ചോ വിസ്മൃതപ്രായ സ്ഥിത് പ്രജ്ഞസ്യേത് പ്രജ്ഞസ്ഥറപ്പൊറപ്പളതായി സ്ഥിതപ്രജ്ഞത എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയപ്പെടാനൊന്നുമില്ല ഈ പറഞ്ഞത് സാധിക്കുമോ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി ബുദ്ധി സ്ഥിതയായി ഒന്നിൽ ഉറച്ചു നിൽക്കുന്നു സാധാരണ നമ്മുടെയൊക്കെ ബുദ്ധി ഒന്നിൽ ഉറക്കുന്നില്ല ഒന്ന് ചിന്തിച്ചു ഉടൻ തന്നെ വേറൊന്ന് ചിന്തിച്ചു അങ്ങനെ ഒരു ചിന്തകളും വികാരങ്ങളും അത് കാമം ക്രോധം ലോഭം ഒരു നിയന്ത്രണവുമില്ലാതെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതാണ് മനസ്സിൻ്റെ വിഷമസ്ഥിതി നേരെ മറിച്ച സ്ഥിത പ്രജ്ഞ ബുദ്ധി ഒന്നിലുറച്ചു അല്ല അതെങ്ങനെ സാർ ഒന്നിലുറയ്ക്കുന്നത് ഒന്നിലുറയ്ക്കാൻ ഒക്കോ ശരി നിങ്ങളിവിടെ ജീവിക്കുകയാണ് സത്യം ഉറപ്പുണ്ടോ സത്യം ശാസ്ത്രീയമായ സത്യം ഇവിടെ ഒന്നേ ഉള്ളൂ അനേകം ആഭരണങ്ങൾ നിറഞ്ഞിരിക്കുന്നു ആയിരം ആയിരം ആഭരണങ്ങൾ ഒറ്റനോട്ടത്തിൽ പലതുണ്ട് ഇവിടെ എങ്ങനെയാണ് സാർ ഒന്നിൽ ഉറയ്ക്കുന്നത് അല്ല ഒറ്റനോട്ടത്തിൽ വളയുണ്ട് മാലയുണ്ട് മുതിരുണ്ട് നിരവധി നിരവധി പക്ഷേ നിങ്ങളീ ആഭരണങ്ങളുടെ എല്ലാം സത്യം വസ്തു എന്തെന്ന് ചിന്തിച്ചറിഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്നിൽ ഉറയ്ക്കാം ആയിരം അല്ല പതിനായിരം അല്ല കണക്കില്ലാത്ത ആഭരണങ്ങൾ മുമ്പിലിരിക്കട്ടെ സത്യം ഉറപ്പുണ്ടെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ എല്ലാറ്റിലും ഉള്ള വസ്തുവേത ഒന്ന് സ്വർണം സ്വർണ്ണമില്ലയോ ഈ ആയിരം ആയിട്ട് കാണുന്നതൊന്നും ഇല്ല സ്വർണ്ണമുണ്ടോ അതെല്ലാം ഉണ്ട് അതുകൊണ്ട് സ്വർണം എല്ലാം സ്വർണം ഇതെന്ത് എളുപ്പം വസ്തു എന്താണെന്ന് മനസ്സിലാക്കും വസ്തുബോധോ വിചാരേണ ന കിഞ്ചിത് കർമ്മ കോടിഭി കോടിക്കണക്കിന് കർമ്മം ചെയ്താലും വസ്തുബോധം ഉണ്ടാവില്ല നൂറ് കണക്കിന് ക്ഷേത്രങ്ങളിൽ പോയി അവിടെയും നമ്മുടെ ബുദ്ധിയെ പലതാക്കി ഭിന്നിപ്പിക്കുകയാണ് കോവിലുണ്ട് ദേവന്മാരുണ്ട് ആഭരണങ്ങളെപ്പോലെ പക്ഷെ അവയിലൊക്കെയുള്ള വസ്തുനിശ്ചയമുണ്ടോ ശിവൻ്റെ കോവിലിൽ പോയി ദേവിയുടെ കോവിലിൽ പോയി കൃഷ്ണൻ്റെ കോവില പോയി ശിവൻ ആരാണ് ദേവി ആര് അതൊന്ന് ചിന്തിക്കും ആരാണ് ഇവരൊക്കെ ബ്രഹ്മം ബോധം ബോധമില്ലേ ശിവനില്ല ബോധമില്ലാത്ത ശിവൻ എന്താ ബോധമില്ലേ ദേവിയില്ല കൃഷ്ണനില്ല അപ്പോൾ എല്ലാവരിലും ഉള്ള വസ്തു എന്ത് ബോധം ബ്രഹ്മം ഇത് ചിന്തിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആയിരം കോവിഡിൽ പോയിക്കൊള്ളുക എന്താ ദോഷം ബ്രഹ്മം ശിവനെ കണ്ടു ശിവരൂപിയായ ബ്രഹ്മം വളയുടെ രൂപത്തിലിരിക്കുന്ന സ്വർണം എന്താ മാലയുടെ രൂപത്തിലിരിക്കുന്ന സ്വർണം ആ രൂപത്തിലൊക്കെ ഇരിക്കുന്നത് സ്വർണം ഒരേ വസ്തു പലതില്ലാവും അപ്പോൾ ശിവൻ ഇങ്ങനെ സംഭവിച്ചാലെന്താ ഇങ്ങനെ സംഭവിച്ചാലെന്താ നമ്മുടെ മനസ്സ് ഉറച്ചതാവും സ്ഥിത അല്ലെങ്കിലോ എന്ത് കഷ്ടമാണ് ഗണപതി കോവിലിൽ പോയി ഒരേ ഗണപതിൽ തന്നെ ഉറക്കുന്നില്ല പഴവങ്ങാടി ഗണപതി നല്ല ശക്തിയുള്ള ഗണപതിയാണ് പക്ഷേ ഇപ്പത് തമ്പാനൂരുടെ അത്ര ശക്തിയില്ല കാരണം പഴവങ്ങാടി ഗണപതി പ്രതിഷ്ഠിച്ചത് പട്ടാളക്കാരണം ഇത് വേറെ ആരോ ഒന്നും നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ എവിടെയാണ് നമുക്ക് സത്യം തെളിയാൻ പോകുന്നത് എല്ലാം ബ്രഹ്മം പഴവങ്ങാടിയിലിരിക്കുന്നത് അപ്പുറത്തിരിക്കുന്നതും ഒക്കെ പറഞ്ഞു എല്ലാം ബ്രഹ്മം എന്താ കസേര ബ്രഹ്മം എന്തുകൊണ്ട് ബോധം ബോധമില്ലേ കസേരയില്ല അല്ല ഇതാണെങ്കിൽ ധം ഉറപ്പുവന്ന പ്രജ്ഞയാണ് സ്ഥിത ബുദ്ധി സ്ഥിതപ്രജ്ഞൻ അദ്ദേഹത്തിന് ഈ വൈഷമ്യമില്ല അവിടെ ഇരിക്കുന്ന ആള് മെച്ചമാണ് ഇവിടെ ഇരിക്കുന്ന ആളിനത്രയും കഴിവില്ല തോന്നുന്നില്ല കാരണം എല്ലാം ഒരാളെ ഒരാൾ പല രൂപത്തിലിരിക്കുകയാണ് അപ്പോൾ എസ് എസ് തിവേ പ്രജ്ഞ ആരുടെ പ്രജ്ഞയാണോ ഇത് ഇതൊക്കെ വെറുതെ കേട്ടാൽ ഇത് നടപ്പാക്കാൻ നമുക്ക് എന്താ പ്രയാസം ഞാൻ നോക്കിയിട്ട് ഒട്ടും പ്രയാസമില്ല ഈ വസ്തുബോധം മനസ്സിലാക്കിയിട്ട് എന്താണോ വസ്തു അതോർമ്മിക്കുക നാമരൂപങ്ങളെ ആശ്രയിച്ച് വ്യവഹരിക്കുക മാല കഴുത്തിലിടുക വള കയ്യിലിടുക പക്ഷേ രണ്ടും സ്വർണമാണ് എന്നോർമ്മിക്കുക ഇതിനെന്താ കുഴപ്പം അങ്ങനെ നമ്മുടെ മനസ്സിങ്ങനെ ഛിന്ന ഭിന്നമാവില്ല മറ്റത് മനസ്സ് നിമിഷം തോറും ഛിന്ന ഭിന്നമായി ഓരോ രൂപം പ്രത്യേകം പ്രത്യേകം വസ്തുവാണ് എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിനൊരു സ്വസ്ഥതയുമില്ല ഒരു സ്വസ്ഥതയും പിന്നെ ശത്രു ഇത്രയും അങ്ങനെയൊക്കെ കൂടെ വരുമ്പോ മനസ്സാഹുകളകി പറഞ്ഞു പോകും വിഷമസ്ഥിതിയിലെത്തും അവസ്ഥ സ്ഥിത ഭവേ പ്രജ്ഞ ആരുടെ പ്രജ്ഞയാണോ സ്ഥിത ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് കൃഷ്ണൻ തന്നെ പറയുന്നേ ഗീതയിൽ വ്യവസായാത്മിക ബുദ്ധിരേഖ തീരുമാനം വന്ന ബുദ്ധി ഒന്ന് ആ ഒന്നിലുറപ്പിക്കൂ ബഹുശാഖാ ഹ്യനന്താശ്ചുദ്ധയ അവ്യവസായിനാം തീരുമാനം വരാത്ത ബുദ്ധികളോ ശാഖോപശാഖമായി വളർന്ന് ഒരു വിരോധമില്ല വിദ്യാഭ്യാസം പോലും ഇപ്പം മെഡിക്കൽ വിദ്യാഭ്യാസം എല്ലാം ശാഖോപശാഖം ഒരു വിരോധവുമില്ല പക്ഷെ അവിടെയൊക്കെ ഈ വസ്തു നമുക്ക് ഓർമ്മ വേണം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ കലഹം സർവകലഹങ്ങളും കുഴപ്പങ്ങളും ഈ സ്ഥിതപ്രജ്ഞത ഇല്ലാത്ത കൊണ്ടാണ് സ്ഥിതപ്രജത ആർക്ക് നേടിക്കൂട ഈ വസ്തുവിനെ ഓർമ്മിക്കുക അതിനെ വ്യവഹരിക്കേണ്ട ഈ വസ്തുവിനെ ഓർമ്മിക്കുക മനസ്സുണ്ട് എന്നിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ വ്യവഹാരം നടത്തുക യശ സ്ഥിതാഭവ പ്രജ്ഞ ഇങ്ങനെ വരുമ്പോൾ എന്തിനാണിത് പറയുന്നത് ോ നിരന്തര ഈ പ്രജ്ഞയ്ക്ക് ഈ സ്ഥിതി സ്ഥിത സ്ഥിതത്വം വന്നു കഴിഞ്ഞാൽ ആനന്ദോ ആനന്ദം ഇളതടവില്ലാതെ ഉണ്ടാവും ദുഃഖം കയറി വരികയില്ല എന്തുകൊണ്ടാണ് രാഗദ്വേഷങ്ങളില്ല നമ്മുടെ ആനന്ദത്തെ കുഴപ്പത്തിലാക്കുന്നത് മുഴുവൻ അതിനോട് കൂടുതൽ സ്നേഹം ഇതിനോട് വിദ്വേഷം ഇതില്ല ഇതെല്ലാം ഒരേ വസ്തു അതിലെങ്ങനെ ചിലതിനെ സ്നേഹിക്കുക അതൊന്നുമില്ല ഒരു നാടകത്തിൽ നിന്ന പോലെ വ്യവഹാരം നടക്കും രാഗദ്വേഷ വിയുക്തൈസ്തു കൃഷ്ണൻ തന്നെ പറയുന്നില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ രാഗദ്വേഷ വിയുക്തയിസ്തു വിഷയാനേന്ദ്രിയശ്വരൻ ആത്മവൈശ്വര്യ വിധേയാത്മാ പ്രസാദമധികച്ചതി രാഗദ്വേഷങ്ങളില്ലാതെ ലോകരംഗത്ത് വിഷയങ്ങളെ കൈകാര്യം ചെയ്യൂ നിങ്ങളുടെ ഉള്ളിൽ പ്രസാദം ആനന്ദം സമാധി എന്ന് പറയുന്നതിൻ്റെ ആരംഭം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും പുറത്തുനിന്ന് കിട്ടുന്ന ആനന്ദമല്ല പ്രജ്ഞ സ്ഥിതയായതിൻ്റെ ആനന്ദമാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ പ്രസാദ് സർവദുഖാനാഹാനി പിന്നെ ദുഃഖം ബാധിക്കുകയില്ല ദുഃഖത്തിൻ്റെ പ്രസക്തിയില്ല രണ്ട് കണ്ടാലേ ദുഃഖമുള്ളൂ ഒന്നിനെ തന്നെ കാണുന്ന ബുദ്ധിക്ക് ഇത് വലിയ അദ്വൈതമാണെന്ന് വെച്ച് തടിക്കളയരുത് ഈ അദ്വൈതത്തിൽ കവിഞ്ഞൊരു സത്യം ഇനി ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനും ചന്ദ്രനിൽ പോയാലും സൂര്യനിൽ പോയാലും കണ്ടെത്താൻ പോകുന്നില്ല അപ്പോൾ ഈ പ്രജ്ഞ സ്ഥിരയാകുന്നത് വന്നു ചേരുന്നത് ആനന്ദോ നിരന്തര നിരന്തരമായ ആനന്ദം പ്രപഞ്ചോ വിസ്മൃതപ്രായ പ്രപഞ്ചത്തെ മിക്കവാറും മറന്നിരിക്കുന്നു എന്താ കാര്യം പല വസ്തു ഒന്നേ ഉള്ളൂ പല നാമരൂപങ്ങളും ഉണ്ടെന്ന് കരുതിയാൽ പ്രപഞ്ചം ഉള്ള നാമരൂപങ്ങളിലെല്ലാം ഒരു വസ്തുവിനെ കാണാൻ കഴിയുമോ പ്രപഞ്ചമില്ല എന്താ കാരണം സൂര്യന് സൂര്യനൊരു ബ്രഹ്മം ചന്ദ്രനോ ബ്രഹ്മം വ്യവഹരിക്കുന്നു പക്ഷേ ഇത് സൂര്യനും ചന്ദ്രനും വേറെ വേറെയെന്ന് കണ്ടാലേ പ്രപഞ്ചമുള്ളൂ അല്ലെങ്കിൽ പിന്നെ പ്രപഞ്ചമല്ല അല്ലെങ്കിൽ ഒരു വസ്തുവേ ഉള്ളൂ ബ്രഹ്മം എന്ത് രസകരമായ ഒരു ഏർപ്പാട് വാസ്തവത്തിൽ അല്ല ഞാനത് നല്ലവണ്ണം ആലോചിച്ച് ഇത് ചിന്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ വളരെ രസകരം കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കും മറ്റാരും നടത്തുന്നതിനേക്കാളും നമ്മുടെ കാര്യങ്ങൾ ഗംഭീരമായി നടക്കും പക്ഷേ ആനന്ദമോ നിരന്തര വിട്ടുപോകാത്ത ആനന്ദം നിങ്ങൾ യുദ്ധത്തിൽ പോലും ആനന്ദമോ നിരന്തര അതാണ് കൃഷ്ണൻ പറയുന്നത് യുദ്ധം ചെയ്യൂ അർജുന ഒരു കുഴപ്പമില്ല ആനന്ദിച്ചോണ്ട് യുദ്ധം ചെയ്യൂ ആനന്ദവും നിരന്തര അതിനെന്താ മാർഗം സർവേഷുകാലേഷു മാം അനുസ്മര ആരുടെ നേർക്ക് അമ്പ ചെയ്യുമ്പോഴും എന്നെ ഓർമ്മിച്ചോളൂ ഒന്നിനാൽ സർവേഷു കാലേഷു മാം അനുസ്മര ആരെ വധിച്ചാലും ശരി ആരുടെ നേർക്ക് അമ്പ ചെയ്താലും എന്നെ ഓർമ്മിച്ചുണ്ട് യുദ്ധ മാം അനുസ്മര യുദ്ധ കൃഷ്ണൻ സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം അർജുന മറ്റൊക്കെ വിട്ടിട്ട് അതൊക്കെ പുറത്ത് ഉള്ളിൽ വേണ്ട ഉള്ളിൽ പിന്നെന്താ ഏകം മാംവേകം ബ്രഹ്മം സർവത്ര ബ്രഹ്മം ഇത് ശാസ്ത്രം ബ്രഹ്മം എന്ന് വെച്ചാൽ ബോധം ബോധമല്ലാതെ ഇവിടെ മറ്റൊരു വസ്തുവും അണുബോലുമില്ല നേഹനാനാസ്തി കിഞ്ചന മനസ്സൈവേദവാത്തവ്യം േഹദാനാസ്തി കിഞ്ചന ലേശം പോലും വേറൊന്നുമില്ല ഈശാവാസ്യം സർവം യത് കിഞ്ച ജഗത്യം ജഗത്ത് ഈ ജഗത്തിൽ ജഗത്തായി കാണുന്ന എന്തെന്തൊക്കെയുണ്ടോ അത് സകലത്തും ഈശാവാസ്യം ഉള്ളിൽ പുറത്ത് നമ്മൾ വ്യവഹരിക്കുന്നു സ്യാനന്ദോ നിരന്തര പ്രപഞ്ചോ വിസ്മൃതപ്രായ ഇങ്ങനെയുള്ള ആളിനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് നമുക്കെന്താ ഈ സ്ഥിരപ്രജ്ഞ സ്ഥിരപ്രജ്ഞനെക്കാതൊക്കെ നമുക്ക് പറ്റുമോ സാർ അതൊക്കെ വലിയ പരോഹംസന്മാർ കാര്യം ഇത്രയേ ഉള്ളൂ ഇത് നടപ്പാക്കാമോ നമ്മളൊക്കെ സ്ഥിതപ്രജ്ഞന്മാറും എനിക്ക് വലിയ സംശയമൊന്നുമില്ല ഞാനിപ്പോൾ സ്ഥിതപ്രജ്ഞനാണ് അല്ല ആരെയും കുഴപ്പത്തിലാക്കാനല്ല പറയുന്നത് ഇത് വളരെ എളുപ്പം എന്ത് കണ്ടാലും എത്ര എത്ര മനോവാനത്തി ബ്രഹ്മണസ്ഥത്ര ദർശനം മനസ്സ് വിളിച്ചെന്ന് പറ്റിയാലും ഇത് ബ്രഹ്മമാണെന്ന് ആദ്യം ഓർമ്മിക്കുക പിന്നെ ഇപ്പം ഇത് ഈ മയക്ക് ബ്രഹ്മമാണെന്ന് ഓർമ്മിക്കുക മയക്കിൽ കൂടെ പ്രസന്നിക്കുക എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല മൈക്കിനിടയ്ക്ക് വച്ചാൽ പം തകരാൻ പറ്റിയാലും സാരമില്ലാതെ ഇതൊക്കെ ഇങ്ങനെ വരും നേരെ മറച്ച് ഈ ബോധങ്ങളിൽ മയക്ക് വേറെ വരണം അത് ഓർമ്മിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം മയക്കിന് എന്തെങ്കിലും കുഴപ്പമെന്നാൽ ഉടൻ ദേഷ്യം വരും ചേട്ടാ ഇത് താരമാണ് ഈ മൈക്കിപ്പം ഇവിടെ കൊണ്ടുവച്ചത് ആരുമാകട്ടെ ഇതൊക്കെ എല്ലായിടത്തും പതിവ് ഈ ലോകത്തിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രഹ്മാണെന്ന് വിചാരിച്ചാലും ഇല്ലെങ്കിലും വന്നുകൊണ്ടിരിക്കും ആർക്കും അപ്പോൾ ബ്രഹ്മമാണെന്ന് വിചാരിച്ചാൽ എസ് ആനന്ദോ നിരന്തരം നേരം പോക്ക് ചിരി ആനന്ദം എന്ത് കുഴപ്പം വന്നാലും ശരി അത്രേ ഉള്ളു ഞാൻ ഇത്രയും പറഞ്ഞത് അർജുനൻ രണ്ടാമധ്യായത്തിൻ്റെ അവസരമായ അവസാനമായപ്പോൾ ചോദിക്കുകയാണ് സ്ഥിരപ്രജ്ഞസ്യൊക്കെ ആ ഭാഷ ഭഗവാനെ സാഖ്യബുദ്ധി യോഗബുദ്ധി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത കാര്യങ്ങൾ മനസ്സിൻ്റെ സമം വിഷമസ്ഥിതി സമസ്ഥിതി വിഷമസ്ഥിതിയിലുള്ള മനസ്സിനെ സമസ്ഥിതിയിലെത്തിക്കാൻ സാഖ്യബുദ്ധി യോഗബുദ്ധി യോഗബുദ്ധി പൂർണ്ണമാവുന്നതോടു കൂടി മനസ്സ് സമ പൂർണ്ണ സമനിലയിലെത്തി സമനിലയിലെത്തിയ ആളാണ് സ്ഥിതപ്രജ്ഞൻ സ്ഥിത പ്രജ്ഞ അപ്പോൾ അർജുനൻ ചോദിച്ചു ശ്രീകൃഷ്ണ ആൾക്കെ ശരി എന്നാൽ ഈ സ്ഥിരപ്രജ്ഞൻ്റെ ലക്ഷണം എന്താണ് സ്ഥിതപ്രജ്ഞസൊക്കെ ആ ഭാഷ ഭാഷ എന്ന് വെച്ചാൽ ലക്ഷണം സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്താണ് സമാധിസ്ഥ കേശവ സ്ഥിഗധിക്കും പ്രഭാഷയത ഇതൊക്കെ ഒരുപാട് പേർക്ക് ഈ സത്യം ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്തവർക്ക് സംശയമുള്ള കാര്യങ്ങളാണ് സ്ഥിതപ്രജ്ഞനെപ്പോഴും സമാധി കണ്ണോടച്ചിരിക്കുമോ അതോ അദ്ദേഹം കൃഷ്ണ അത് ഞാൻ എഴിച്ച് നടക്കുമോ കൃഷ്ണ പിന്നെ സ്ഥിതപ്രജ്ഞ ഒരിടത്ത് കിടക്കുമോ എപ്പോഴും ചിലപ്പോൾ കിടക്കുന്ന സ്ഥിതപ്രജ്ഞന്മാരുണ്ടാവാം ബാഹ്യ ശരീരം എന്ത് കർമ്മം ചെയ്യുന്നു എന്നുള്ളതല്ല ഒരു സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം സ്ഥിതാസീത അദ്ദേഹം ഇരിക്കുമോ പ്രജയത എഴുച്ച് നടക്കുമോ എന്താ കൃഷ്ണ അതെന്ന് പറയൂ ഇതാണ് നമ്മുടെ സംശയം സ്ഥിതപ്രജ്ഞൻ നടക്കുമോ ഇരിക്കുമോ യുദ്ധം ചെയ്യുമോ എന്നല്ല പ്രജ്ഞ വസ്തുബോധം ഈ വസ്തുബോധം കിട്ടിയയാൾ വാതിഷ്ടം പറയുന്നുണ്ട് സമാധിസ്ഥാന സംസ്ഥിചഞ്ചലം തത്ത യത് സമാധാനം സമം ഉന്മത്താണ്ടതുകയെ കണ്ണുമടച്ചൊരാൾ സമാധിയിലാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഈ നൂറ് നൂറ് ചിന്തകളും വികാരങ്ങളും കൊണ്ട് ഇളകി മറിയുകയാണ് വശിഷ്ഠം പറയുന്ന അങ്ങനെ ഇരിക്കുന്ന ആളിന് ആള് ഉന്മത്ത ഭ്രാന്തനെപ്പോലെ താണ്ഡവം ചെയ്യുന്ന ഒരാളിനെ പോലെ അദ്ദേഹത്തെ കരുതിയാൽ മതി അദ്ദേഹം സമാധിയിലിരിക്കുന്ന ഒന്നും കണ്ട് പേടിക്കരുത് ഇതാണ് നേരെ നിറച്ച് ഉന്മത്ത താണ്ഡവസ്ത ഒരാളങ്ങോട്ട് ഉന്മത്ത താഡവം നടത്തുക ചേതശ്ചേ ക്ഷീണവാസനം വാസന പോവുകയെന്ന് വെച്ചാൽ രണ്ടുണ്ടെന്ന് തോന്നുന്നതാണ് വാസനെങ്കിൽ വാസനയില്ല ശരീരം എങ്ങനെയോ ഇളകി മറിഞ്ഞ് പ്രവർത്തിക്കട്ടെ ഉന്മത്ത താണ്ടവസ്ത ചേതശ്ചേ ക്ഷീണവാസനം തത്ത ഉന്മത്ത നൃത്ത സമം ബുദ്ധ സമാധിന അദ്ദേഹത്തിൻ്റെ ഉന്മത്താണ്ഡവം നല്ല ഒരു സ്ഥിതപ്രജ്ഞൻ്റെ സുഖത്തെ കൊടുക്കുന്നതായിരിക്കും ഞാനീ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ നമുക്കൊരുപാട് തെറ്റിദ്ധാരണയുണ്ട് വേദാന്തത്തെക്കുറിച്ച് വേദാന്തമായ പിന്നെ വീട്ടിലിരിക്കാൻ കൊള്ളുന്നു ഉടൻ തന്നെ എവിടെയെങ്കിലും പോകണ്ടേ ധ്യാനിച്ചിരിക്കേണ്ടേ ഞാൻ ധ്യാനിക്കണം എന്ത് ചെയ്താലും വേണില്ല ബാക്കി ഒക്കെ കർമ്മമാണ് കർമ്മം കൊണ്ട് ഈ സത്യം കിട്ടില്ല തീർത്ഥയാത്ര കർമ്മമാണ് കോവിലിൽ പോകുന്നത് കർമ്മമാണ് ധ്യാനം കർമ്മമാണ് നിലമറിച്ച് ഈ കർ ഈ ഈ വസ്തുബോധം ശാസ്ത്രീയമായി എന്താണ് ഈ കാണുന്നതൊക്കെ എന്ന് വിചാരം ചെയ്തു ഉറപ്പിക്കലാണ് വസ്തുബോധം വസ്തുബോധോ വിചാരണ നർമ്മ കോടിഫിക കോടിക്കണക്കിന് കർമ്മം ചെയ്താലും കിട്ടില്ല വശിഷ്ഠം പറയുന്ന ആ ശ്ലോകം വായിച്ചപ്പോൾ എനിക്ക് അഭുപം തോന്നി കാലം യജ്ഞ തപോ ദാന തീർത്ഥ ദേവാർച്ചാഭ്രമേ യജ്ഞം ദാനം തീർത്ഥം ദൈവാർച്ചന ഇതൊക്കെ മനസ്സിൻ്റെ ഭ്രമങ്ങളാണ് കാലം യജ്ഞത പോവ് ദാന തീർത്ഥ ദൈവാർച്ചന ഭ്രമേഹി അതേ അവസരത്തിൽ ദുഃഖവും യജ്ഞം നടത്തി ദുഃഖം തീർന്നു തീർത്ഥാടനം നടത്തി പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല തീർത്ഥാടനത്തിന് പോയി തിരിച്ചു വന്നിട്ട് ആ തീർത്ഥാടനത്തിന് പോയതിൻ്റെ ദുഃഖം മരണിക്കാനാണ് പക്ഷെ അവിടെ പോയിട്ട് നേരെ ആഹാരം കിട്ടിയില്ല താമസിക്കാൻ സ്ഥലമില്ല അവിടെ ശ്രീരാമകൃഷ്ണ ജനിച്ചിടത്ത് പോയ കഥയാണ് കുറച്ച് പേര് പോയിട്ട് തിരിച്ച നേരെ താമസിക്കാൻ സാൻ എന്നാൽ പിന്നെ ഇവിടെ താമസിച്ചാൽ പോരാ എന്തിനാണ് ഇപ്പോൾ ഇവിടെ അപ്പോൾ കാലം യജ്ഞ തപോദാന തീർത്ഥ ദൈവാർച്ച പ്രമേഹ ചിരമാധിശതോ പേത്താഹ അങ്ങനെ ദുഃഖിച്ചുകൊണ്ട് ക്ഷപയന്തി മൃഗായുവ മൃഗങ്ങളെപ്പോലെ കാലം കഴിച്ചു കൂട്ടുന്നു ഇതോ തീർത്ഥാടനമോ വേണ്ടെന്നല്ല അർത്ഥം യജ്ഞമോ തപസ്സോ തീർത്ഥാടനമോ വേണ്ടെന്നാരെങ്കിലും പറയുന്നെങ്കിൽ നാളെ മുതൽ നിങ്ങൾ കഞ്ഞിയും കറിയും വയ്ക്കരുത് എന്ന് പറയേണ്ടതായിട്ടും വരും കർമ്മങ്ങളാണ് ഇതൊക്കെ വേദാന്തമാവശ്യപ്പെടുന്നത് കഞ്ഞിയും കറിയും പാചകശാലയിൽ പോലും ആ വ്യവസായാത്മിക ബുദ്ധി അംഗീകരിക്കും ഒന്നാന്തരം കറിക്കൊക്കെ നല്ലത് സ്വാദ് കൂടും സംശയമൊന്നുമില്ല അപ്പോൾ കർമ്മം ചെയ്യണ്ട എന്നല്ല യുദ്ധം കർമ്മം ചെയ്തോടും പക്ഷേ ഈ സത്യബോധം ഉള്ളിലുണ്ടോ ഒന്നും പേടിക്കാനില്ല ഒന്നും പേടിക്കാനില്ല പ്രപഞ്ചം പോലും നമുക്ക് അനുകൂലമായി വരും അങ്ങനെയും കൂടെ ഉണ്ട് ഈ സത്യബോധം ഉള്ളിലുണ്ടെങ്കിൽ എല്ലാം നമുക്ക് അനുകൂലമായി വരികയും ചെയ്യും ഇതാണ് ഒരു സ്ഥിരപ്രജ്ഞൻ അദ്ദേഹം എവിടെ നിന്നാലും കാട്ടിലായാലും വീട്ടിലായാലും ആശ്രമത്തിലായാലും ധ്യാനത്തിലായാലും യുദ്ധത്തിലായാലും അദ്ദേഹത്തിൻ്റെ പ്രജ്ഞ സ്ഥിത ഒന്നേ ഉള്ളൂ യുദ്ധം ചെയ്യുമ്പോഴും ഭീഷ്മരും ദ്രോണരും അങ്ങനെ ഇവിടെ പലതില്ല ബ്രഹ്മം ഇതൊരു നേരം പോക്ക് നാടകം യുദ്ധം നടക്കട്ടെ എന്താ ഒരു കുഴപ്പവും ആരും അങ്ങനെ മരിക്കുന്നില്ല അരിഞ്ചരിക്കുന്നില്ല ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ ഇതാണ് ഈ സ്ഥിതപ്രജ്ഞത അപ്പോൾ ആ സ്ഥിതപ്രജന്റെ ഭാഷ സ്ഥിതപ്രജ്ഞസ് കാ ഭാഷ സമാസിസ്ഥ കേശവ സ്ഥിരധി കിം പ്രഭാഷയ കിം ആസീത പ്രജയത കിം എന്താ ഭഗവാൻ ആദ്യം തന്നെ പറയുന്ന ഉത്തരം നോക്കുക എസർവത്രാനിസ്നേഹ പറ്റുമോ ഇത് ഇന്നു മുതൽ സ്ഥിതപ്രജ്ഞത ഒന്നിലും എൻ്റേത് ഈ ശരീരത്തിൽ പോലും എൻ്റേത് എന്ന ചിന്ത ഉള്ളിലില്ല ശരീരം ഇരിക്കട്ടെ അത് നമുക്കത് കൊണ്ട് നടക്കാം എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ശരീരം എൻ്റെ ശരീരം ഇല്ല അങ്ങനെ എൻ്റെ ശരീരം നാളെ കൊഴിഞ്ഞു വിണങ്ങൾ പോയാൽ പിന്നെ ആരുടെ ശരീരം വെറും ചിന്തിച്ചാൽ പോലും ഈ ശരീരത്തിലും മറ്റും അങ്ങനെ എൻ്റേത് എൻ്റേത് എന്ന കടുത്ത മമത്ത് വെച്ച് പുലർത്തേണ്ട കൃഷ്ണൻ പറയുന്നത് സർവത്രാനഭിസ്നേഹ സർവത്ര ഒന്നിലും ഈ ലോകത്ത് എൻ്റേത് എന്ന് പറഞ്ഞൊരു സ്നേഹമില്ല പിന്നെ എന്ത് സ്നേഹം എൻ്റേതെന്നുള്ള സ്നേഹത്തേക്കാൾ എന്ത് ഗംഭീരമാണെന്ന് ഈശ്വരൻ ഞാനത് എന്തു പറയുന്നു പലരും എന്നോട് ചോദിച്ചു സാറി എന്തോന്നായി പറയുന്ന സംഘം വേണേ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ പള്ളി പള്ളിക്കൂടത്തിലായിക്കണ്ടേ എൻ്റെ കുഞ്ഞ് എന്ന് വിചാരിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞിനെ പള്ളിക്കൂടത്തിലായി ഇത് സാക്ഷാൽ ഈശ്വരനേ കുഞ്ഞ് എന്ന് വിചാരിച്ചാൽ ആ കുഞ്ഞെ പള്ളിയിൽ അങ്ങനെ കുഞ്ഞിനോട് പറയണ്ട ഈശ്വരനാണ് കുഞ്ഞ് വാസ്തവത്തിൽ എന്തൊരു ദിവ്യമായിരിക്കും ആ കുഞ്ഞിൻ്റെ അവസ്ഥ തന്നെ മാറിപ്പോകും ആ കുഞ്ഞിന് ഈശ്വരീയമായ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും അതുകൊണ്ടാണ് കൃഷ്ണൻ ഈ കൃഷ്ണൻ നമ്മളെത പറഞ്ഞ കൃഷ്ണൻ ജനിച്ച് വീണുടൻ അമ്മയോടും അച്ഛനോടും പറയുകയാണ് എൻ്റെ മകനായിട്ടൊക്കെ നിങ്ങളെ കരുതും എനിക്കറിയാം പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു കൂടെ കൂടെയെങ്കിലും എന്നെ ബ്രഹ്മമായിട്ട് കൂടെ ഓർമ്മിക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സർ ഭാഗവതത്തിൽ ഇവാ പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃത ആ നിങ്ങൾ എന്നെ പുത്രഭാവത്തിലും ബ്രഹ്മഭാവത്തിലും ചിന്തിക്കണം പുത്രഭാവത്തിൽ ചിന്തിക്കണം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിച്ച് പോവും അതുകൊണ്ടാണ് വാസ്തവത്തിൽ ചിന്തിച്ച് ചിന്തിച്ച് പുത്രനെന്നുള്ള ചിന്ത പോണം യുവാം പുത്രഭാവേന ബ്രഹ്മഭാവേനച്ച അസഹൃ ചിന്ത എന്തോ അങ്ങനെ ചിന്തിച്ച് സ്നേഹിച്ചാൽ മദ്ഗതിയും പരാം നിങ്ങളൊടുവിൽ ബ്രഹ്മപ്രാപ്തിക്ക് അർഹരായിത്തീരും എനിക്കും ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ മകനായിട്ടും മകനായിട്ടൊക്കെ ചിന്തിച്ചാൽ എന്തുകൊണ്ടെന്നോ ആ പറയുന്നുണ്ട് കഴിഞ്ഞ് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം തപസ്സി ഇത് പ്രത്യക്ഷപ്പെടുത്തും ഭഗവാനെ ഭഗവാൻ തന്നെ പറയുന്നു ഞാൻ വിചാരിച്ചു എന്നെ പ്രത്യക്ഷപ്പെടുത്തി ഞാൻ മുമ്പിൽ വന്നു ഞാൻ വിചാരിച്ചു നിങ്ങൾ മോക്ഷം വരം ചോദിക്കുന്നു നിങ്ങൾ ചോദിച്ചവരം ഞാൻ മകനായിട്ട് ജനിക്കണവനായ എന്ത് അബദ്ധമാണിതൊക്കെ ഞാൻ കഴിഞ്ഞ രണ്ടുപ്രാവശ്യം നിങ്ങളുടെ മകനായിട്ട് ജനിച്ചു വളരെയധികം ക്ലേശിക്കേണ്ടി വന്നു എനിക്ക് വേറെ പല ജോലികളുണ്ട് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ കാര്യമൊക്കെ നോക്കുന്ന ജോലിയുണ്ട് അതിനിടയ്ക്ക് നിങ്ങളെ ആവശ്യം തള്ളിക്കളയാനൊക്കെ ഇല്ലല്ലോ എന്ന് വെച്ചാൽ രണ്ടു പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ചു ഇപ്പോൾ ഇതാ മൂന്നാമത്തെ പ്രാവശ്യമാണ് കൃഷ്ണനായിട്ട് ജനിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛമ്മ ദൈവീത ഇപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബ്രഹ്മമാണ് എന്നുകൂടെ ഓർമ്മിക്കണമെ ഞാനീ പറയുന്ന എന്ത് ഗംഭീരവും ദിവ്യവുമായ ജീവിതമാണ് ഇതൊന്നും കേൾക്കാത്തത് കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഞാൻ തട്ടിപ്പോവാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ എൻ്റെ കുഞ്ഞ് അന്ന് എൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞാൽ അത് എൻ്റെ കുഞ്ഞു അയലൊക്കത്തുള്ള വേറൊരു കുഞ്ഞിനോട് ദേഷ്യമാണ് ആ കുഞ്ഞു കുറച്ചുകൂടെ പഠിക്കുന്നെങ്കിൽ ആ കുഞ്ഞിനോട് ദേഷ്യവും ഇത് ഇങ്ങനെ ഈശ്വരനെ ഭജിച്ചാൽ ഒരു രക്ഷയും കിട്ടില്ല അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ഞാൻ ബ്രഹ്മപൂജയാണ് നടത്തുന്നത് എന്നോർമ്മിച്ചു കൊണ്ട് കാലത്തെ കുഞ്ഞിനെ കുളിപ്പിക്കുക പള്ളിക്കൂടത്തിലേക്കുക എല്ലാം ഒരുക്കുക അവിടെ മനസ്സിനൊരു ക്ഷീണവും ഉണ്ടാവില്ല നമ്മുടെ ആവശ്യങ്ങളൊക്കെ വന്നു ചേരും ഒരു കാര്യത്തിനും തടസ്സമല്ല ഉള്ളിൽ ഈ ചിന്ത അവർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഏത് കാര്യത്തിലാണ് തടസ്സം ഉണ്ടാക്കുന്നത് ഏത് കാര്യത്തിലും നമ്മുടെ പ്രവർത്തനത്തെ അത്ഭുതകരമാണം അത് സഹായിക്കും അവിടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരവും വൈഷമ്യം അടിപിടിയൊന്നുമില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ അതുകൊണ്ട് അർജുന എ സർവത്രാനഭിസ്നേഹ ഞാനിത്രയും പറയുന്നത് ഇത് നടപ്പാക്കാൻ നമുക്ക് പറ്റുമോ നമുക്ക് പറ്റില്ലെങ്കിൽ ഗീതമായെന്ന് നിർത്തിവെക്കണം എന്തിനാ വെറുതെ അവസാന ജീവിതത്തിൻ്റെ കാലം മുഴുവൻ കാലത്തെ എടുത്ത് ഞാനും പണ്ട് അങ്ങനെ ആയിരുന്നേ ഒരാചാരം ഒരു നാല് ശ്ലോകങ്ങളിലും വായിക്കാതെ കാലത്തെ കാപ്പി കുടിക്കില്ല ഞാൻ എൻ്റെ എൻ്റെ ആ പ്രധാനം അറിയാമോ ഒന്നുങ്ങൾക്ക് നാല് പദ്യം വായിച്ചാൽ ഞാൻ കാപ്പി കുടിക്കും അതിനെന്താ പറയുക വേണം ഒരു ദിവസവും ഇല്ല നാല് പദ്യം വായിച്ചിട്ട് കാപ്പി കുടിക്കുമ്പോൾ കാപ്പി ബ്രഹ്മമാണെന്ന് ഓർമ്മിക്കാൻ കഴിയുമോ നാല് പദ്യം ഒരു പദ്യം വായിച്ചാൽ മതിയല്ലോ ഒരു പദ്യം നാസത്തോ വിദ്യതയെ ഭാവമോ നാഭാവോ വിദ്യതയെ സത ഉഭയോരഭി ദൃഷ്ടം അന്തസ്ത്വന യശിഭി അർജുന ഉള്ളതില്ലാതാവില്ല ഇല്ലാത്തതുണ്ടാവുകയുമില്ല ആദ്യം തന്നെ ഉള്ളൊരു ശ്ലോകമാണ് ഇത് നമ്മൾ ഒരുപാട് ശ്ലോകവും കാണാതൊടിക്കും പക്ഷെ അതിൻ്റെ യാതൊരു അർത്ഥവും ഉൾക്കൊള്ളാൻ തയ്യാറില്ല ശ്രമിക്കുക ഉടനെ പറ്റില്ലെങ്കിൽ പോലും നമുക്കിതെന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ ഇതിന് വേണ്ടത് എന്താ സർവത്രാനഭിസ്നേഹ തത്വപ്രാപ്യശുഭാശുഭം നാഭിനന്ദജി നദ്വേഷ്ടി ഞാൻ പറഞ്ഞില്ലേ മൈക്ക് അങ്ങോട്ട് ചീത്തായി ഉടനെ അങ്ങോട്ട് കലി ദേഷ്യം ഏ അങ്ങനെയൊന്നുമില്ല മയക്ക് ചീത്ത ചീത്താവും ഒക്കെ ഈശ്വരൻ ദേഷ്യപ്പെട്ട ഈശ്വരനാണ് ദേഷ്യപ്പെടേണ്ട അത് മയക്കിനെ അല്ല അതുകൊണ്ട് ആ ഏർപ്പാടില്ലാതെ ചീത്ത ചീത്ത നല്ലതാവുന്ന നഭിനന്ദതി നദ്വേഷ്ഠി ഒന്നിനെയും അഭിനന്ദിക്കുന്നില്ല ദ്വേഷിക്കുന്നില്ല എന്ന് വിചാരിച്ച് ചീത്തയാൽ കഴിവെങ്കിൽ നന്നാക്കോളും അല്ലാതെ അത് മയക്ക് ബ്രഹ്മമാണെന്ന് കരുതി നന്നാക്കാതെ അങ്ങോട്ട് ദൂരക്കളയും അർത്ഥമില്ല നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ചെയ്യും ഒരു വിട്ടുവീഴ്ചയുമില്ല പക്ഷേ എന്താ ചെയ്യുന്നത് ബ്രഹ്മപൂജ ബ്രഹ്മപൂജയായിട്ട് സകലതും ചെയ്യും ചെയ്യാൻ കഴിയാത്തതിനെക്കുറിച്ച് അപരിഹാര്യർത്ഥ തത്വം ശോചിതും അർഹസി പരിഹരിക്കാൻ വയ്യാത്ത കാര്യത്തിൽ കരഞ്ഞാൽ അത് പരിഹരിക്കപ്പെടും ആരെങ്കിലും മരിച്ചു നമുക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യാം അവിടെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി എന്താ കഴിയുന്നതും വേദം ആ ആ പ്രശ്നവും ഈ പ്രശ്നവും ഒക്കെ പറഞ്ഞാൽ വാക്കിലിടാൻ മാറ്റി ഇടണം മറിച്ച് ഇടണം അല്ലെങ്കിൽ അവിടെ നമുക്കിത് വലിയ ആചാരവെടികളോടുകൂടി ഒരു വിരോധവുമില്ല പക്ഷെ കഴിയുന്നതും ചെയ്യാവുന്നതൊക്കെ നേരത്തെ ചെയ്തിട്ട് ദുഃഖിക്കാതെ അങ്ങണം അല്ല ഇദ്ദേഹത്തെ മരിച്ചത് കൊണ്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുകയല്ല ഇദ്ദേഹത്തെ ചിരിച്ച് തിരിച്ച് ജീവിപ്പിക്കണം അരുതേണ്ടത് കരഞ്ഞതുകൊണ്ട് ഇന്നുവരെ ആരെങ്കിലും വീണ്ടും ജീവിച്ചിട്ടുണ്ടോ അപരിഹാരി അർത്ഥയായി കൃഷ്ണനീ പറയുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ പറ്റുമോ എന്ന് നല്ലവണ്ണം ഓർമ്മിച്ചിട്ട് പരിഹരിക്കാൻ വയ്യാത്തതിൽ ഇരുന്ന് കരയരുത് അതേ ൗകികമായി പോലും പരിഹരിക്കാവുന്നതൊക്കെ പരിഹരിക്കുക അപ്പോൾ ഇതാണ് ഒരു സ്ഥിരപ്രജ്ഞൻ്റെ സർവത്രാനഭിസ്നേഹ തത്വപ്രാപ്യശുഭാശുഭം നാഭിനന്ദനി നദ്വേഷി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത ഇതിനൊക്കെ എന്താണ് വേണ്ടത് വേണ്ടത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനോജയം നമ്മുടെ മനസ്സിനെ ജയിക്കുക ഇത് ദൂരെയൊന്നും പോണ്ടല്ലോ ഈ മനസ്സിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ജയിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്താ ഉള്ളില അവനവൻ്റെ മനസ്സിനെ കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കി ഇതെന്തായത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും നാളത് ചിന്തിക്കണം എന്തായാലും മനസ്സ് ഒട്ടേറെ സങ്കല്പങ്ങൾ ഇങ്ങനെ കൈ കയറി വരുന്നു കാമോ മഞ്ഞൂർ മതവും ലോഭ കാമം പലതും അത് വേണം ഇത് വേണം അത്യാവശ്യമുള്ളതൊക്കെ കാമിക്കണം പക്ഷേ നമുക്ക് കഴിയാത്തതും കാമിച്ചാലോ അതാണ് ഈ മനസ്സ് മനസ്സതൊക്കെ കഴിയാത്തത് കാമിക്കും മഞ്ഞു തുടർന്നും കോപം അത് വേറെ ആർക്കൊക്കെ ഉണ്ടോ അവരോട് കോപം നമ്മോട് തന്നെ കോപം വീട്ടിൽ ഭാര്യയോട് കോപം അല്ലെങ്കിൽ ഭർത്താവിനോട് കോപം എന്താ ഒരു കാര്യം വിചാരിച്ചു അത് വാങ്ങിക്കാൻ പറ്റില്ല ഒരു ഫ്രിഡ്ജ് വാങ്ങണമായിരുന്നു പക്ഷെ പണം തയ്യുന്നില്ല കുറച്ചേ ഉള്ളൂ അതെന്താ ബാക്കി പണം വരട്ടെ അതുവരെ ഇപ്പോൾ ഫ്രിഡ്ജില്ലെങ്കിൽ ഫ്രിഡ്ജില്ലാതെ ജീവിക്കൂ ആ അതല്ല ഫ്രിഡ്ജില്ലാതെ ജീവിതം സാധ്യമല്ല അത് നേരം ഈ ഇത് മനസ്സിലിരുന്നാൽ ഫ്രിഡ്ജ് വാങ്ങിക്കാനൊക്കില്ല അപ്പോൾ ഭാര്യമായിട്ട് സംസാരിക്കും എന്താ ഇപ്പം ഫ്രിഡ്ജിൻ്റെ ദേഷ്യമായി ഭയങ്കര ദേഷ്യം വഴക്ക് വീട്ടിലാകെ കുഴപ്പം അല്പം ചിന്തിച്ചാൽ എന്തിനാ കുഴപ്പം ഫ്രിഡ്ജില്ലെന്ന് വിചാരിച്ച് സുഖമായി ജീവിക്കാൻ ഒരു പ്രയാസവും ഇല്ല ണ്ടെങ്കിൽ വളരെ സന്തോഷം ഈ ഒന്നും വേണ്ടെന്നതാണ് ഈ ആളുകൾ തെറ്റിദ്ധരിക്കുമ്പോൾ ഒന്നും വേണ്ടെന്നും വേദാന്തം പറയുന്നില്ല ജനകമഹാരാജാവും മറ്റും അത്ഭുതകരമാക്രവർത്തി പദം പാലിച്ചുകൊണ്ടാണ് ജീവിച്ചത് ശുഗൻ പോലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഈ സ്ഥിതപ്രജ്ഞത എത്ര കണ്ട് അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ശുഗൻ സർവമുപേക്ഷിച്ചിറങ്ങിപ്പോയ ഒരു ത്യാഗി നിലവറിച്ച ഗംഭീരമായ രാജപദവിയിൽ എല്ലാം അനുഭവിച്ചും അനുഷ്ഠിച്ചും കഴിയുന്ന ചക്രവർത്തി രണ്ടു പേർക്കുമാവാം സ്ഥിതപ്രജ്ഞത അവരുടെ മനസ്സിനെ ജയിച്ചിട്ടുണ്ടോ ഈ മനസ്സ് കാമവും മന്യു കാമം ആഗ്രഹങ്ങൾ മഞ്ഞു എന്ന് വെച്ചാൽ കോപം മതോ ലോഭ കുറച്ച് കിട്ടിക്കഴിഞ്ഞാലോ ഇപ്പം ഞാൻ പലരെയും ശരി കുറച്ച് പണം പണ്ടില്ലായിരുന്നു ഇപ്പം പണം ഉണ്ട് എന്തൊരഹങ്കാരമാണ് ലോകത്തെ മുഴുവൻ കീഴടക്കിക്കളയാമെന്നുള്ള രീതിയിലാണ് അവർ ജീവിക്കുന്നത് മതോ ലോഭാ തനിക്ക് കിട്ടിയ പണം ന്യായമായി വല്ലവർക്കും സഹായിക്കാൻ തയ്യാറുണ്ടോ അതൊട്ടില്ല തോന്നും കാമവും അന്യറും അതുപോലെ തുടർന്ന് ശോകമോഹഭയാദയം ഭയാദയ കർമ്മബന്ധ ഈ കർമ്മബന്ധമുണ്ടാക്കുന്നതാറ് മനസ് അതെങ്ങനെ സാർ കർമ്മബന്ധം ഉണ്ടാക്കുന്നത് ഈ മനസ്സിൻ്റെ പിടിയിൽ പെട്ടു ജീവിച്ചു ശരീരം വിളി വാസ്തവത്തിൽ ഈ ശരീരം കൊണ്ട് പലതും സാധിച്ചു കൊടുത്തു ഈ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ എന്ന ഈ ശരീരത്തെ അല്പം സഹായിച്ചു കളയാം എന്ന് വിചാരിച്ച് ഈ മനസ്സ് കിടക്കാൻ മരണം പ്രതീക്ഷിച്ച് കിടക്കുമ്പോൾ വല്ല സഹായവും ചെയ്യുമോ നൂറ് ഇരട്ടി ദുഃഖിപ്പിക്കും ചാവളപ്പുറ്റ പണം ആ പണി ഇപ്പോൾ ആര് കൊണ്ടുപോകും ബാങ്കൊക്കെ ആകെ പോലെ തകരുന്നു ഞാനും മരിക്കാൻ പോകുന്നു എന്താ കഥ നൂറ് നൂറ് ഞാൻ ഒരു കെട്ടിടം വയ്ക്കാൻ നോക്കി അത് മുഴുവനായില്ല വച്ച കെട്ടിടത്തിൽ തന്നെ നേരെ താമസിക്കാൻ പറ്റുന്നില്ല പലതരം പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ പല ഇങ്ങനെ ഈ മനക്കിടക്കയാണ് ഡാക്ടർ പറഞ്ഞു ഇനി ഒരു മുക്കാൽ മണിക്കൂറ് കൂടി വന്നാൽ ഒരു മണിക്കൂറ് അതീ കവിനല്ല ആവിടെ കിടന്ന ഇതാണ് കർമ്മബന്ധം മനസ്സുണ്ടാക്കുന്ന കർമ്മബന്ധം വെച്ചാൽ ഇനിയിപ്പോൾ മരിച്ചു മരിച്ചപ്പോൾ ആ മനസ്സാണ് ഇറങ്ങിപ്പോകുന്നത് ഈ പൂർവ്വജന്മം എന്നൊക്കെ പറയുന്ന ഉള്ളൂ മരണവേളയിൽ എന്തെന്തെല്ലാം ആഗ്രഹങ്ങളോട് കൂടി മനസ്സ് നശിക്കുന്നില്ല മരം മരണം സൂക്ഷ്മ ശരീരം രണ്ട് ശരീരമുണ്ട് സ്ഥൂല ശരീരം സൂക്ഷ്മശരീരം സ്ഥൂലശീ ആത്മാവിന് പൂർവ്വജന്മവും പല ജന്മവും ഒന്നുമില്ല ശരീരത്തിനാണ് ജന്മമൊക്കെ രണ്ട് ശരീരമുണ്ട് മരണത്തിൽ സ്ഥൂല ശരീരമേ പോകുന്നുള്ളൂ നമുക്കൊക്കെ അറിയാമല്ലോ സൂക്ഷ്മ ശരീരം ഈ ആഗ്രഹങ്ങളും വികാരങ്ങളും കൊണ്ട് നിറഞ്ഞാൽ സൂക്ഷ്മശരീരം ഇറങ്ങിപ്പോവേണം അപ്പോൾ അതിന് അതിൽ അതിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ തക്ക മറ്റൊരു ശരീരം അംഗീകരിക്കും അംഗീകരിച്ചു ആ ശരീരവും കാമവും കാമവും ക്രോധവും ലോഹവും വച്ചു മരണമെടുത്തു തത്വബോധങ്ങൾ കൊണ്ട് സർവാർപ്പണം ചെയ്ത് ഈശ്വരഭജനം നടത്താത്ത ഒരൊറ്റ ചക്രവർത്തിയെയും മനസ്സ് സഹായിക്കില്ല ഈ കാമങ്ങളും കൊണ്ട് തന്നെ വീണ്ടും ഇറങ്ങിപ്പോടും അതുകൊണ്ടാണ് വശിഷ്ഠൻ രാമനോട് പറയുന്നത് രാമ ഈ മായയെ ജയിക്കണമെങ്കിൽ രാമ മായ അജയി ആത്മ ചിത്തജയനൈവ വശ്യമായതി നന്യഥ ഇതിനെ ജയിക്കാൻ വേറെ ഒരു മാർഗവുമില്ല രാമ അപര്യവസാനയം മായ ശ്രദ്ധിച്ചോളുക ഈ മായ ഒരിടത്തും അവസാനിക്കുകയില്ല തത്വം ഗ്രഹിക്കാൻ തയ്യാറില്ലെങ്കിൽ ഒരു ശരീരം പോയി അനേകം കാമങ്ങളുമായിട്ട് വീണ്ടും വീണ്ടും ഒരു ശരീരം വീണ്ടും ആ ശരീരം പോകുമ്പോൾ കാമങ്ങൾ തീർന്നോ ഇതൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതേ കാമങ്ങൾ തീർന്നോ ചില ഗംഭീരന്മാർ പോലും മരണവേളയിൽ കണ്ണുനീർ വാർത്ത് മരിക്കുന്ന കാമം തീരുന്നില്ല കർമ്മബന്ധം ബാക്കി ഇതാണ് പ്രാരബം എന്ന് പറയുന്നത് അത് നമുക്കല്ലാതെ വേറെ ആർക്കും അതിൽ നിന്ന് മോചനം നേടാൻ സാധ്യമല്ല രാമ അപര്യവസാനേയമായ ഈ മായ സംസ്കൃതി നാമിക്ക സംസാരമെന്ന് പറയുന്ന ഈ മായ അവര് അവസാന ഒരിക്കലും അവസാനിക്കില്ല എപ്പോൾ അവസാനിക്കും ആത്മചിത്തജയനുവാ നിൻ്റെ ഈ മനസ്സിനെ നിനക്ക് ജയിക്കാൻ കഴിയുമോ അതെങ്ങനെയാണ് മഹർഷിയെ ജയിക്കുന്നത് നിൻ്റെ മനസ്സിപ്പം പലത് ഉണ്ടെന്ന് ധരിക്കുകയല്ലേ ഒന്നേ ഉള്ളൂ ഒന്ന് പഠിപ്പിക്കൂ മനസ്സിനെ അല്ലാതെ ഈ വെറും അതൊക്കെ ചെയ്യാം കുറെ പ്രാണായാമം കൊണ്ടോ പ്ര യോഗാസനം പഠിച്ചത് കൊണ്ടോ മനസ്സ് ജയിക്കപ്പെടുകയില്ല തീർച്ചയായും വലിയ യോഗാസനങ്ങളൊക്കെ അറിയാവുന്ന ഒന്ന് രണ്ടുപേരെ എനിക്ക് പരിചയമുണ്ട് പരിചയം ഉണ്ടായിരുന്നു അവരൊന്നും ഇപ്പോഴില്ല പക്ഷേ ഒരാളിനെ കണ്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹം മറ്റേ ആളിനെക്കുറിച്ച് ദേഷ്യത്തോടു കൂടി ഒട്ടേറെ അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും രണ്ടുപേരും യോഗം പൂർണ്ണമായിട്ടും പഠിപ്പിക്കുന്നവരാണ് അവർ മനസ്സിനെ ജയിച്ച ഒരേ ഒരേ പ്രൊഫഷൻ ആയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷവും സംസാരവും ഒക്കെ അതാണ് ഇവിടെ എങ്ങനെ മനസ്സിനെ ജയിച്ചു അപ്പം ഈ വസ്തുബോധമുണ്ടോ മന ഒന്നേ ഉള്ളൂ എന്നെന്ത് ജയിക്കാൻ മനസ്സിന് നല്ല ഉറപ്പും ഇവിടെ ഒരു വസ്തുയേ ഉള്ളൂ ഈശ്വരൻ തീർന്നു ഞാൻ പറയുന്ന ഈ മനസ്സിൻ്റെ ജയമൊക്കെ ഇത് സാധിക്കുമോ സാർ സാധിക്കാത്തത് ഇതാണ് മനസ്സിൻ്റെ ജയം പലത് കാണും നനസ് ചതിക്കും നമ്മെ അത്യധികം ദുഃഖിപ്പിക്കും മരണത്തിലും മരണം കഴിഞ്ഞും ദുഃഖിപ്പിക്കും നേരെ വർച്ച് ഒന്നിനെ മാത്രം കാണാൻ കഴിവുണ്ടോ അതാണ് കൃഷ്ണൻ പറഞ്ഞത് സർവധർമാൻ പരിത്യജ്യ മാവേകം ശരണം പ്രജ മാമേകം ശരണം പ്രജ എന്ന് പറഞ്ഞത് ജീവിതത്തിലുടനീളം എന്നെ മാത്രം കാണൂ അതാണ് നമ്മുടെ ആചാര്യനായ എഴുത്തച്ഛൻ പറഞ്ഞത് ഒന്നായ നിന്നെ രണ്ടെന്ന കണ്ടളവിൽ ഉണ്ടായ ഒരു ഉണ്ടൽ പച്ച മലയാളത്തിൽ പറഞ്ഞിരിക്കില്ലേ മിണ്ടാവതല്ല ഭഗവാനെ അത് പുറത്തു പറയാൻ കൊള്ളില്ല എന്തെല്ലാം കഷ്ടപ്പാടാണ് ഞാൻ അനുഭവിക്കുന്നത് എന്താ കാര്യം ഒന്നായ നിന്ന് രണ്ടെന്ന് കണ്ടു ഇത്രയേ ഉള്ളൂ പഠിച്ചിട്ടുണ്ട് ഇത് നടപ്പാക്കാൻ ആത്മാർത്ഥമായ ശ്രമം ഇത് നടപ്പാക്കാൻ എന്താ പ്രയാസം പലത് കണ്ടുകൊണ്ടിരിക്കുന്ന മനസ്സിനോട് ഈ നിമിഷം മുതൽ പറയണം ഈ പലതൊക്കെ നീ കാണുന്നുണ്ട് അതൊക്കെ നാമരൂപങ്ങൾ വസ്തു എന്താ പലതിൽ ബോധം ഒന്ന് ബ്രഹ്മം ബ്രഹ്മം മാത്രമാണിവിടെ ഉള്ളത് പണ്ട ശുക്ര മഹർഷി മഹാബലി അവിടെ മഹാബലി ചോദിച്ചു അച്ഛൻ്റെയിൽ നിന്ന് കുറച്ച് സത്യമൊക്കെ മനസ്സിലാക്കിയിരുന്നു ഒടുവിൽ ഗുരുവിനേയും കൂടെ ഒന്ന് കണ്ട് ചോദിക്കാം ഗുരുവിനെ കണ്ട് ചോദിച്ചു അപ്പോൾ ഗുരുവിനെ ധ്യാനിച്ചു ഗുരു ജനലിനടുക്കൽ ഒന്നും എന്താടോ എന്നെ ധ്യാനിക്കാൻ കാര്യം അത് ഞാൻ അച്ഛൻ്റെ കുറച്ച് സത്യമൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്കിലും അതൊന്നുകൂടെ ഒന്ന് വേണ്ടവണ് ഉറപ്പിക്കാൻ ഞാൻ അങ്ങ് ഇവിടെ ചോദിക്കുകയാണ് ആ വിരോധമില്ല ചോദിച്ചോളൂ സത്യം അറിയണമല്ലേ പക്ഷെ എനിക്ക് കുറച്ച് തിടുക്കുണ്ട് സ്വർഗത്തൊരു കോൺഫറൻസ് നടക്കുന്നുണ്ട് അവിടെ ബ്രഹ്മാവ് മറ്റു മഹർഷിമാരൊക്കെ വരും എന്നെ കണ്ടില്ലെങ്കിൽ അവർ വല്ലാതെ ദേഷ്യപ്പെടും എനിക്കുടൻ പോകണം ഞാൻ ചുരുക്കി പറഞ്ഞു തരാം ചിതിഹാസ്തിഹ ചിന്മാത്രം ഇതം ചിന്മയമേ വച്ച ചിത്വം ചിതഹം ഏതേത ലോക ചിതി സംഗ്രഹ അലയോ വലയെ ചിരിഹാസ്തി ഇവിടെ എന്തുണ്ട് ബോധം ബ്രഹ്മ അല്ല ബ്രഹ്മം ചിരിഹാസ്തിഹ ആഹാ ചിന്മാത്രം രണ്ടാമതൊന്നുമില്ല ഒന്നുമില്ല കാണുന്നതൊക്കെ ചിത്ത് എന്തുകൊണ്ട് ചിത്തുണ്ടോ എല്ലാം ഉണ്ട് അത് എടുത്തു പറയുന്നത് ഇതിനെന്താ യുക്തി ആലോചിച്ച് നോക്കുക ഈ യുക്തിയിൽ വല്ല പെശകുണ്ടെങ്കിൽ അടുത്ത ദിവസം വന്ന് പറയുക ചിതിഹ ഇവിടെ ബോധമേ ഉള്ളൂ ചിതിഹാസ്തിഹ ബോധം എന്ന് വെച്ചാൽ ബ്രഹ്മം അത് ഞാൻ എടുത്തു പറയുന്നത് ഇവിടെ എല്ലാം ചിത്ത്ചിത്തെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ബ്രഹ്മം ഈശ്വരൻ ഈശ്വരൻ ശാസ്ത്രീയമായ ഈശ്വരൻ സർവം അപ്പോൾ ചിതിഹാസ്തിഹച്ഛൻമാത്രം അങ്ങനെയാണോ ഗുരു അപ്പോൾ കാണുന്നതൊക്കെ ഇതം ചിന്മയമേവ ഈ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ചിന്മയം ബോധമയം ഇതം ചിന്മയമേവ അങ്ങനെയാണോ അപ്പൊ ഞാനോ ഗുരു ചിത്വം ഇളം മഠയ നീ ബ്രഹ്മം ഇത്ര സംശയിക്കാനെന്താ നീ ബോധം ബോധമില്ലെങ്കിൽ നീ ഇല്ല തീർച്ചയായും ആ തീർച്ചയായിട്ടും അപ്പൊ അങ്ങോ ഗുരു ഇനിയും എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നല്ലോ ചിതഹം ഞാനും ചിത്ത് ചിത്തും ചിദഹം ഏതേച്ച ലോകാശ്ചിത് ഈ കാണുന്ന അനന്തകോടി ലോകങ്ങൾ ചിത്ത് വാസ്തവത്തിൽ ഗംഭീരമായ സത്യം എത്ര ലളിതം പക്ഷെ ചിന്തിക്കാൻ ആരും തരാറില്ല സത്യം കിട്ടണമെങ്കിൽ ചന്ദ്രനിലോ ചൊവ്വായാലോ പോവായാലേ കിട്ടുക അവിടെ പോകുന്നതിനൊരു വിരോധവും ഇല്ല പക്ഷേ സത്യം ഇവിടെ കിട്ടും ഇതിൽ കവിഞ്ഞൊരു സത്യം ഇനി ചൊവ്വായിരുള്ള ബുധന് പോയാലും കിട്ടാൻ സാധ്യവുമല്ല ചിത്തം ചിതഹം ഏത്തേച്ച ലോകാസ്റ്റ് ഇത് സംഗ്രഹ ആലെ ഞാൻ ചുരുക്കി പറഞ്ഞിട്ടുണ്ട് നീ വീട്ടിൽ പോയി നല്ലവണ്ണം ആലോചിക്കാൻ എനിക്ക് തിടുക്കുണ്ടും എനിക്കവിടെ ഇപ്പോൾ എന്നെ അതാണ് ആ ചിത്തൊക്കെ ശരി പക്ഷേ എൻ്റെ കർമ്മപരിപാടി ഞാൻ ഒഴിവാക്കില്ല എന്നെ പ്രതീക്ഷിച്ച് അവളെ ഗുരുക്കന്മാരും മുനിമാരും ഒക്കെ ഇരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഉടൻ പോയായി തീരൂ നീ ആലോചിക്കാൻ നിനക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ പിന്നെ ഒരവസരത്തിൽ ചോദിക്കുക അതുപോലെ ഞാൻ പറയുകയാണ് ഇത് ആലോചിക്കുക സംശയം ഉണ്ടെങ്കിൽ ഇനി ഈ മാസം അവസാനം അടുത്ത വസം അടുത്ത ഞായറാഴ്ച ക്ലാസ് ഉണ്ടാവും ഈ മാസം ഒടുവിൽ ചോദിക്കുക ഇവിടെ എഴുതി കൊടുക്കുക ബാബു സാറിൻ്റെ എഴുതി കൊടുത്താൽ മതി ഈ ബാബു സാറാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും സംസാരിപ്പിക്കുന്നത് ഐ എസ് ആർ ഒല വലിയ എൻജിനീയറാണ് ഇപ്പം രണ്ട് കുട്ടികളുണ്ട് അതും സർവം ബ്രഹ്മമായും അവർ ഇപ്പം നല്ല ജോലിയൊക്കെ ഉള്ളവരുടെ എഞ്ചിനീയേഴ്സാണ് അവരെന്താ ഞാൻ അതെടുത്തു പറഞ്ഞത് ഇത് അവർക്ക് പാടില്ല ആ കുട്ടികൾക്ക് എന്ത് താൽപ്പര്യമാണം സർവം ബ്രഹ്മമായും അവരവരുടെ ജോലി ഭംഗിയായിട്ട് നടത്തുന്നു അതുകൊണ്ട് സത്യം ഇത്രയുള്ളൂ ഈ സത്യം ഓർമ്മിക്കാൻ കഴിയുമോ പിന്നെ എന്ത് കർമ്മം ചെയ്യുന്നു എന്നുള്ളത് പ്രശ്നമല്ല കോവിലിപ്പോഴോ ഈ സത്യം കൂടെ ഉണ്ടെങ്കിൽ എന്ത് യുദ്ധം നടത്തുന്നു എന്തുവാ ഈ സത്യം കൂടെയില്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല അവസാനം വരെ അവസാനത്തിൽ ഈ മനസ്സ് വീണ്ടും നമ്മ കർമ്മബന്ധത്തിൽ കൊണ്ട് ചാടിക്കും അതെങ്ങനെ ഈ ഒരുപാട് ആഗ്രഹങ്ങളും അത് തൃപ്തി വരാതെ ിറങ്ങിപ്പോവും വീണ്ടും അത് തൃപ്തി വരുത്താനായി അങ്ങേറ്റം ശാസ്ത്രീയം ഇത് കണ്ണടച്ചുള്ള പുനർജന്മ സിദ്ധാന്തമല്ല ഈ കാമം ഉള്ളിടത്തോളം വേറൊരു ശരീരത്തിൽ വന്നെങ്കിലേ അത് പ്രവർത്തിച്ച് അനുഭവിക്കാൻ പറ്റൂ പോയേ തീരൂ നിശ്ചയം ഇനി ജനിക്കേണ്ട എങ്ങനെയായാലും ജനിക്കേണ്ട ഉറപ്പിച്ചോളുക ഉള്ളിൽ കാമം വല്ലതുകൊണ്ടോ മരണം വരെ പ്രതീക്ഷിക്കേണ്ട ഇപ്പോൾ തന്നെ ആ കാല്ല ഒരു കാമില്ല ആ പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണുന്നതോ അങ്ങനല്ല ഉണ്ണ് ഊണ് വേണമെന്ന് കാമിച്ചിട്ടൊന്നുമല്ല ഊണ് കിട്ടുന്നു ഉണ്ണുന്നു കാമിച്ചത് കൊണ്ട് ഊണ് കിട്ടിയെന്ന് വരണമെന്നുമില്ല ഒരു ഉരുള ചോറ് പോലും ചിലപ്പോൾ ഉണ്ണാൻ പറ്റിയില്ലെന്ന് ഈ പ്രകൃതി അങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടത് ഉള്ളിൽ കടുത്ത കാമൊന്നും വേണ്ട ചോറ് കിട്ടുന്നു അതെ അല്ലേ സാറേ ഇപ്പം ഈ ബോധാനന്ദ കേന്ദ്രത്തിൽ പോയി പ്രസംഗിക്കണമെന്ന് സാറിന് ആഗ്രഹമില്ലേ എനിക്കൊരാഗ്രഹമില്ലല്ലോ വാസ്തുത്തി പിന്നെ ഇവിടെ ഒന്ന് പ്രസംഗിക്കുന്ന ഇതാ അമ്മയും ഒക്കെ അവർ അവരൊക്കെ കൂടെ കൂടി അനുവദിച്ചു കുറച്ച് പ്രസംഗിക്കാൻ ദോഷം അതുകൊണ്ട് വേറെ കാമം ഉണ്ടാകണമെന്നൊന്നുമില്ല അപ്പോൾ ഞാനീ പറഞ്ഞത് മരണം വരെ കാത്ത് നിൽക്കണ്ട അതിനു മുമ്പ് തന്നെ ഉള്ളിൽ വല്ല കാമവും വിടാൻ വയ്യാത്തവണ്ണമുണ്ടോ ഇല്ല ഏത് കാമവും ആകാം പക്ഷേ എപ്പോൾ വിടണം ഇതാണ് കിട്ടും എന്താ കാര്യം സർവം ബ്രഹ്മമാകും പിന്നെ ഇവിടെ കാമത്തിൻ്റെ പ്രശ്നം ഇവിടെ ആർക്കും സാധിക്കും കുറച്ചൊരു ഇച്ഛാശക്തി വേണം എന്ന് മാത്രം അങ്ങനെ കർമ്മബന്ധസ്ഥ എന്നൂല ഏത് മനസ്സാണോ കർമ്മബന്ധം പോലും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് ആ മനസ്സിനോട് ആര് സഖ്യം കൂടുന്നു ഭാഗവതം ഒരിടത്ത് ചോദിക്കുകയാണ് ആ മനസ്സിനോടൊരിക്കലും സഖ്യം കൂടരുത് നീ അല്ല നീ എന്ത് പറയുന്നു ഞാനതൊക്കെ നടന്നു ഏ അങ്ങനെയൊന്നുമില്ല മനസ്സേ അവിടെ നിൽക്കും എന്തും പറഞ്ഞാലൊന്നും ഞാൻ കേൾക്കില്ല നീ പറയുന്നത് ന്യായമാണോ എന്ന് ഞാൻ നോക്കും ഭഗവാൻ ഇഷ്ടമുള്ളതാണോ എന്ന് നോക്കും ഭഗവാൻ ഇഷ്ടമുള്ളതാണെങ്കിൽ ഞാൻ ചെയ്തു തരും എന്താ ഈ മനസ്സ് വാസ്തവത്തിൽ ഇത്ര അത്ഭുതകരമായ ഒരു വസ്തു കയ്യിലുണ്ടല്ലോ ഇതെവിടുന്ന് വന്നു നമ്മുടെ ഉള്ളിലൊക്കെ മനസ്സില്ലേ എത്രയോ സങ്കല്പങ്ങൾ കാമക്രോധാദി വികോർ വികാരങ്ങൾ എവിടുന്നാണ് വന്നത് ആർക്കെങ്കിലും പറയാനൊക്കെ മോവാം പറയാൻ സാധിച്ചില്ല എന്നാണ് ഭാഗവതം പറയുന്നത് ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ കോസ്മിക് മൈൻഡാണ് വിശ്വമനസ് ഒരു ദിവസം അത് പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മാവ് അത്ഭുതപ്പെട്ടു പോവുകയും ഏട്ടാ ഞാനിതെവിടെ നിന്ന് വന്നു ചുറ്റുപാടും നോക്കി ഒരു രക്ഷയുമില്ല ഭാഗവതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭഗവാനെ ചതുശ്ലോകി ഭാഗവതം ഒടുവിൽ അന്തർമുഖമായി ധ്യാനിക്കാൻ ഒരു ഒന്നും ഒരു ശബ്ദം കേട്ടു ധ്യാനിച്ചു ധ്യാനിച്ചപ്പോൾ വിഷ്ണു പ്രത്യക്ഷമായി അതായത് ഈ ബോധം വ്യക്തമായി തത്വം ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു ആ ഭാഗം കാണിക്കുന്നത് ചുരുക്കത്തിൽ മനോജയം ഇതിനൊരുപാട് അങ്ങോട്ട് ചർച്ച ചെയ്തിട്ടും കാര്യങ്ങളില്ല മനോജയം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ അതിനെ ജയിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വീട്ടിലും പുറത്തും സദാ അത് അത് ഞങ്ങളത് ചെയ്യാം സ പക്ഷേ എന്താ ഇതിന് എളുപ്പമുള്ളത് ഉപായം ഉപായ ഒറ്റ ഉപായം മറ്റൊക്കെ നോക്കിക്കോളൂ പ്രാണായാമമോ പ്രത്യാഹാരമോ ഒക്കെ വേണമെങ്കിൽ നോക്കിക്കുള്ളൂ പക്ഷേ ഒറ്റ ഉപായം ഈ സത്യം മനസ്സിനെ പഠിപ്പിക്കുക ഇവിടെ ഒന്നേ ഉള്ളൂ വ്യവസായാത്മിക ബുദ്ധിരേഖ ഈ സത്യം എപ്പോഴാണോ മനസ്സുൾക്കൊള്ളുന്നത് അത് വഴങ്ങിവരും ഇനിയിപ്പോൾ രക്ഷയില്ല ഞാൻ അത് ഇതും പറഞ്ഞതുകൊണ്ട് രക്ഷയില്ല എന്ന് ബോധ്യമാവും അതിന് ശ്രമിക്കുക നമ്മുടെ ഈ ഗീതാ പ്രഭാഷണങ്ങൾ അതിന് ഉപകരിക്കും ഈ സ്ഥിരപ്രജ്ഞതയെ കുറിച്ചും മനോജലത്തെക്കുറിച്ചും ഇനിയും എത്ര നേരം വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം പക്ഷേ കാര്യം ഇത്രയൊക്കെ ഉള്ളു മനസ്സിനെ ജയിക്കാൻ ഉള്ള കരുത്ത് ഞാൻ ജയിക്കും എന്നൊരു ധീരമായ തീരുമാനം എടുക്കുക എങ്ങനെ ജയിക്കും എങ്ങും നിൽക്കുന്ന ഭഗവാനെ ആ മനസ്സിന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ജയിക്കും എന്ന ആ തീരുമാനം അതിന് ആ തീരുമാനമെടുക്കാമെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ അത്ഭുതകരമായി നമ്മൾ സഹായിക്കും എന്നാണ് വേദാന്ത സിദ്ധാന്തം വേണ്ടത് എല്ലായിടത്തു വരും പുസ്തകങ്ങളോ ഗുരുവോ ഉപദേശമോ എന്തു അടുത്ത് വന്നെത്തും നമ്മൾ പ്രതീക്ഷിക്കാതെ അടുത്ത് വന്നെത്തും അതിന് ജഗതീശ്വരൻ നമ്മൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം ഇനി ആ ഈ മാസം അവസാനം അവസാനത്തെ ഞായറാഴ്ച